പറയുക ഇതിനേക്കാൾ ഉത്തമമായ ഒന്നിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ സൂക്ഷ്മത പാലിച്ചവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ താഴെയായി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട് അവിടെ അവർ ശാശ്വതമായി വസിക്കുന്നതാണ് പരിശുദ്ധരായ പങ്കാളികളും അള്ളാഹുസുബഹാനുഹൂവറ്റ് ആലായുടെ തൃപ്തിയും അവർക്കുണ്ട് അല്ലാഹുസുബഹാനുഹൂവറ്റ് ആല തന്റെ ദാസന്മാരെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു